ലക്ഷണത്തില് എന്തു ദോഷമാ പറഞ്ഞത്ീപാധികൾ അതിവ്യാപ്തി ഉണ്ടാവും അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തു പറഞ്ഞു ജ്ഞാനം ജ്ഞാനം പറഞ്ഞപ്പോ എന്ത് വന്നു വ്യവസായത്തിൽ വന്നു പിന്നെ വേറെന്താ ദോഷം സ്വകാരഹേതത്വം അനു വ്യവസായത്തിൽ അതിവ്യാപ്തി എന്നിപ്പോ എന്ത് പറഞ്ഞു ആ ദീപജ്ഞാന എന്ന് പറയുന്ന അടുത്ത് എന്തോന്നു ലക്ഷണം പോയി പ്രദീപത്തിലാണോ അതിവ്യാപ്തി ഒന്ന് ആണോ പ്രതിപത്തിലാണോ അതിവ്യാപ്തി ഏ ലക്ഷണത്തിലാണ് അതിവ്യാപ്തി ലക്ഷ്യത്തിൽ അല്ല ലക്ഷണത്തിൽ ലക്ഷ്യത്തിൽ അത് സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ പൊതുവെ അങ്ങനെ എന്താണ് ദീപെ അതിവ്യാപ്തി അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ദീപത്തിൽ ലക്ഷണം സമന്വയിക്കുന്നോണ്ട് ലക്ഷണത്തിൽ അതിവ്യാപ്തി അതിവ്യാപ്തി അസംഭവുന്നു അങ്ങനെ സാറിന് പറയാറുണ്ട് പറയുന്നിടത്ത് നമ്മളിങ്ങനെ അത് കൂടി എഴുതുന്ന അങ്ങനെയാണ് ദീപെ അതിവ്യാപ്തി ഘടാതു അതിവ്യാപ്തി അതാണ് പറയുന്ന ഒരു രീതി അങ്ങനെ പറയാറുള്ളു എല്ലാവരുടെ അടുത്ത് ലക്ഷണത്തിൽ അതിവ്യാപ്തി എന്ന് പറയാറില്ല അപ്പം നമ്മളെന്ത് മനസ്സിലാക്കണം ഘടാദികളിൽ സമന്വയിക്കുന്നത് കൊണ്ട് ലക്ഷണത്തിൽ ദോഷം എന്ത് ദോഷമാണോ അതങ്ങനെ മനസ്സിലാക്കണം കാരണം അവ്യാപ്തി അതിവ്യാപ്തി അസംഭവം എന്ന് പറയുന്നത് എന്തിൻ്റെ ദോഷമാണോ ലക്ഷണത്തിൻ്റെ ദോഷം അത് മനസ്സിലാക്കണം പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയും പക്ഷെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണം അത് രീതിയാണ് ആ അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞു സ്വകാര ഹേതുത്വം എന്ന് പറയുന്നത് അടുത്ത ദോഷം പറഞ്ഞത് അത് പ്രകാശത്തിൻ്റെ വിശേഷണമാണോ ഉപലക്ഷണമാണോ വിശേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യാപ്തി ദോഷം വരുന്നു ഉപലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനവസ്ഥാദോഷം സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരുന്നു ലക്ഷണം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ജ്ഞാനം പ്രകാശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ വരുന്നു ജ്ഞാനം പ്രകാശം ഏ ജ്ഞാനമാകുന്ന ലക്ഷ്യത്തിൽ പ്രകാശം ലക്ഷണവുമായി പ്രകാശവും ജ്ഞാനവും ഒന്ന് തന്നെ ലക്ഷ്യവും ലക്ഷണവും ഒന്നും ആകും ഇതാണ് ദോഷം പിന്നെ വേറെ വേറെ എന്താ ഇത്രയും മനസ്സിലാകി അത് ക്ലിയറായി ഇതിനകത്ത് ഒന്നും മനസ്സിലാക്കാൻ എങ്ങനെ എങ്ങനെ വരിയാണ് ഹിന്ദി ഭാഷ വായിച്ചില്ലേന്ദി അല്ല അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം വ്യാകരണം എന്തോ ആയിക്കൊള്ളട്ടെ ഞാനൊക്കെ വ്യവഹാരം എന്നു പറയുമ്പോൾ എന്താവും ജ്ഞാനത്തിൻ്റെ വ്യവഹാരം ഒന്നാവും അല്ലേ അസവം ജ്ഞാന വ്യവഹാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനരൂപ വ്യവഹാരം ഇവിടെ രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം എന്താ ർക്ക ഹേതു എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനോട് ചേർക്കും വ്യവസായ രൂപ ജ്ഞാന വ്യവഹാരത്തിൻ്റെ ഹേതു എന്നാണ് വരേണ്ടത് ഇങ്ങനെ എഴുതുമ്പോൾ എന്താ ദോഷം വരുന്നു വ്യവസായ രൂപ ജ്ഞാനത്തിന്റെ വ്യവഹാരം എന്ന് പറയുമ്പം എന്താ ദോഷം വരുന്നത് ഏ അത് തന്നെ ദോഷം എന്താ വരുന്നു അനുവസായണമൊന്നുമില്ല ജ്ഞാനത്തിന്റെ വ്യവഹാരം ശബ്ദമാകാം എന്താ കുഴപ്പം പ്രവൃത്തി ആകാം വന വ്യവസായം ഒന്ന് എന്തിനാണ് എടുക്കുന്നത് അതായത് ഇങ്ങനെയാണ് അർത്ഥം എടുക്കുന്നത് വ്യവസായ രൂപത്തിലുള്ള ജ്ഞാനം അത് സ്പഷ്ടമാണ് വ്യവസായം ജ്ഞാനമാണ് അതിൻ്റെ വ്യവഹാരം എന്ന് പറയുമ്പോൾ അവിടെ എന്തിനൊക്കെ എടുക്കാം അതിൻ്റെ ജ്ഞാനം അതിൻ്റെ ശബ്ദപ്രയോഗം അതിൻ്റെ പ്രവൃത്തി പിന്നെ അതിൻ്റെ ഹേതുവിനെ എടുക്കണം അതിന്റെ ഹേതുവായിട്ട് എന്തിനെടുക്കും അതായത് വ്യവസായ രൂപത്തിലുള്ള ജ്ഞാനം അതിന്റെ വ്യവഹാരം അതിന്റെ ശബ്ദപ്രയോഗം ആ ശബ്ദപ്രയോഗത്തിന്റെ ഹേതു അനുവസായം അങ്ങനെ എടുക്കണം എന്താ കുഴപ്പം കുഴപ്പമുണ്ടോ എന്താ കുഴപ്പം ആ ശബ്ദപ്രയോഗം എന്തെടുക്കാൻ പറ്റില്ല അങ്ങനെ ആകൊരു സാധ്യതയുള്ള അതാണ് വ്യവസായ രൂപജ്ഞാനത്തിൻ്റെ വ്യവഹാരമെന്ന് പറയുന്നത് കൊണ്ട് വ്യവഹാരം കൊണ്ട് ആദ്യം കൊടുക്കേണ്ടതിനെ ജ്ഞാനത്തെയാണ് അപ്പം വ്യവസായ രൂപ ജ്ഞാനത്തിൻ്റെ വ്യവഹാരമെന്ന് പറയുമ്പം അനുവ്യവസായ ജ്ഞാനമാകും അതിൻ്റെ ഹേതു അതല്ല അനുവ്യവസായ ജ്ഞാനത്തിൻ്റെ ഹേതു അതാണോ ആണോ ഇവിടെ ഹേതു എന്ന് പറയുന്നതിനെ സിദ്ധാന്തത്തിന് അനുവ്യവസായ ഏതിൻ്റെ ഹേതു വ്യവഹാര ജ്ഞാനത്തിൻ്റെ ഹേതു അപ്പോൾ എഴുതിയിരിക്കുന്നതിൽ വന്ന് തരാറെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മറ്റേ വ്യാഖ്യാനത്തിലുമുണ്ട് ഷഡ്ശാസ്ത്ര വ്യാഖ്യാനത്തിലും ഉണ്ട് അതായത് വ്യവഹാരം എന്നുള്ളതുകൊണ്ട് ഏതിനെ എടുക്കണം എന്നുള്ളതാണ് വ്യവഹാരം എന്നുള്ളതുകൊണ്ട് ആദ്യം എടുക്കേണ്ട എന്തിനെ ജ്ഞാനം പിന്നെ ശബ്ദപ്രയോഗം മൂന്ന് ശരി അങ്ങനെ എടുക്കണമെന്ന് ആരും പറഞ്ഞു എന്താ നിയമം ആദ്യ ശബ്ദപ്രയോഗത്തെടുത്ത് എന്താ വഴപ്പം ആയിക്കോട്ടെ ആദ്യ ശബ്ദപ്രയോഗത്തെടുത്ത് അത് തന്നെ വ്യവഹാരം എന്നുള്ള ശബ്ദപ്രയോഗത്തെടുക്കാമല്ലോ അതുകൊണ്ട് ഞാനത്തെ വിട്ടിട്ട് ശബ്ദപ്രയോഗത്തെടുത്താൽ എന്താ കുഴപ്പം ആരും പറഞ്ഞു അതായത് ടി വിയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എന്താണ് അഭിപദനമ്മ വ്യവഹാര തസ്യാവി പരമ്പരയാ വ്യാപർത്തക പ്രദീപ ജന്യത്വ വായിച്ച് വിശകരിച്ചാണ് അഭിവദനത്തെയും വ്യവഹാരമായിട്ട് എടുക്കാം പക്ഷെ അത് എങ്ങനെയാകത്തുള്ളൂ അതിനുമ്പ് ഞാനത്തെ സ്വീകരിച്ചാലേ പറ്റും ഇപ്പം സംസ്കൃത വ്യാഖ്യാനം അനുസരിച്ച് അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിവരമുള്ളവർ പറയണ്ടേ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്ത് വേണം ശബ്ദപ്രയോഗം എടുക്കാം പക്ഷെ അതിനു മുമ്പ് ഞാനത്തെ കൂടെ സ്വീകരിക്കേണ്ടി വരും അപ്പം വ്യവസായ രൂപത്തിലുള്ള ജ്ഞാനം ആ ജ്ഞാനത്തിൻ്റെ വ്യവഹാരം എന്ന് പറയുമ്പം പിന്നെ എടുക്കേണ്ടത് ആദ്യം അതിനെടുക്കണം അതിൻ്റെ ജ്ഞാനം അനുവാസ എടുക്കണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നതനുസരിച്ച് വ്യവസായ രൂപ ഞാൻക്ക് വ്യവഹാരിക ഹേതു എന്ന് പറയുന്ന പ്രയോഗം അനുവ്യവസായത്തിൽ എത്തത്തില്ല അപ്പം പിന്നെ മൂന്ന് ഞാൻ സ്വീകരിക്കേണ്ടി വ്യവസായത്തിൻ്റെ ജ്ഞാനം പിന്നെ അതിൻ്റെ ജ്ഞാനം ഇടയ്ക്കൊരു ഞാനും കൂടെ സ്വീകരിച്ചാൽ ശരിയാവും വ്യവസായം അതിൻ്റെ ജ്ഞാനം പിന്നെ ജ്ഞാനം അപ്പോൾ എന്ത് വരും അങ്ങനെ ഇല്ല വ്യവസായ രൂപ ഞാനൊക്കെ വ്യവഹാർ എന്താവും വ്യവസായ ജ്ഞാനത്തിൻ്റെ ജ്ഞാനം അതിൻ്റെ ഹേതുവാനും അങ്ങനെ ഒന്ന് യാതൊരു സാധ്യതയില്ല താർക്കികമാർ സ്വീകരിക്കുന്ന എന്താണ് വ്യവസായം അനു വ്യവസായം രണ്ടും ഞാനും ഇപ്പൊ മനസിലായ ഹിന്ദിയിലെ ദോഷം ഏ അല്ല ആശയം മനസ്സിലായാലും കുഴപ്പമില്ല ഇതിന്റെ ഹിന്ദി ഭാഷ ഈ ഭാഷയിൽ ഞങ്ങൾക്ക് വ്യാകരണം അറിയത്തില്ല അത് വച്ച് പറഞ്ഞതാണ് അർത്ഥം അതിന്റെ അർത്ഥം പറഞ്ഞ് ശരിയാണോന്ന് നോക്കിയാൽ മതി ഉം വ്യവസായ രൂപജ്ഞാനം ഹേതു എന്ന് പറയുമ്പോ അവിടെ വ്യവസായം അതിന്റെ വ്യവഹാരം അതിന്റെ ഹേതു മൂന്നെണ്ണം വരുമോ ഈ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഇല്ല അതിൽ രണ്ടെന്നേ ഉള്ളൂ ഏ ഇതിൽ രണ്ടെന്നെ ഉള്ളു പിന്നെ മൂന്ന് അതും കൂടെ ചേർത്ത് മൂന്ന് വരുമോ ആ അപ്പൊ വ്യവസായ രൂപ ഞാനോ ഒന്ന് രണ്ടാമത്തെ വ്യവഹാരം ജ്ഞാനം മൂന്നാമത്തെ ഹേതു ജ്ഞാനം ഇപ്പം മൂന്ന് ജ്ഞാനം വരയില്ലേ പ്രകാശ്ഞാനമാണ് ജ്ഞാന വ്യവഹാര ഹേതുത്വം അനു വ്യവസായത്തിൽ വരുന്ന കാര്യം പറയണം പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണ് സ്വകാര ഹേതുത്വം എന്ന് പറയുന്നിടത്ത് സ്വസ്യവ്യവഹാരം അയം ദീപ അതിൻ്റെ വ്യവഹാരം അതിൻ്റെ ഹേതുദ്ദീപം അങ്ങനെയാണല്ലോ അതിവ്യാപ്തി വരുന്നത് സ്വകാര്യ ഹേതു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വസ്യ വ്യവഹാരം ദീപത്തിൻ്റെ വ്യവഹാരം എന്താണ് വ്യവസായ ജ്ഞാനം അതിൻ്റെ ഹേതു എന്താണ് ദീപം അങ്ങനെയാണ് അതിവ്യാപ്തി ആദ്യം വന്നു അവിടെ സ്വ വ്യവഹാരം എന്ന് പറയുന്നിടത്ത് സ്വസ്യ വ്യവഹാരം എന്നാണ് അടുത്തത് ഇല്ലേ എന്ന് പറയുന്നിടത്തും ജ്ഞാനസ്യ വ്യവഹാരം സസ്യഹേതു എന്ന് പറയുമ്പോൾ വീണ്ടും ഷഷ്ടിയല്ലേ എടുക്കേണ്ടത് അല്ലേ അതാണ് ഇവിടെ അർത്ഥം എഴുതിയിരിക്കുന്നത് ഞാനസ്യ വ്യവഹാരം അതിന്റെ ഹേതു ഏ നമുക്ക് സ്വവ്യവഹാരേതു എന്ന് പറയുന്നിടത്ത് സസ്യവ്യവഹാര ഹേതു ഷഷ്ടിയാണോ സസ്യ വ്യവഹാര ഹേതു എന്തായി ദീപം ദീപപ്രവാസം അവിടെ സ്വ മാറ്റിയിട്ട് എന്തെടുത്തോ ജ്ഞാന വ്യവഹാര ഹേതു എങ്ങനെ പറയണം ജ്ഞാനസ്യ വ്യവഹാരസ്യ ഹേതു അതാണ് ഇവിടെ ഹിന്ദി എഴുതിയിരിക്കുന്നത് അപ്പം ജ്ഞാനത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ ഹേതു അങ്ങനെ എടുക്കണം എടുക്കേണ്ടത് അങ്ങനെ വരുമ്പം ജ്ഞാനമായി വ്യവസായം അതിന്റെ വ്യവഹാരം എന്ന് പറയുന്നത് എന്തോ ആയിക്കോളട്ടെ അതിന്റെ ഹേതു അനുവസായം ശരിയായാ ജ്ഞാനം എന്ന് പറയുന്നത് വ്യവസായം അതിൻ്റെ വ്യവഹാരം എന്തായാലും അതിൻ്റെ ഹേതു അനുവ്യവസായം അങ്ങനെ അർത്ഥം വരും വ്യവസായമല്ല അനുവ്യവസായം അനുവ്യവസായത്തെ ലക്ഷണം സമന്വയിപ്പിക്കണ്ടേ ജ്ഞാന വ്യവഹാര ഹേതുത്വം അനുവ്യവസായത്തിൽ വരുമെന്നാണ് പറഞ്ഞത് വ്യവസായത്തെ സമന്ധിപ്പിച്ചാൽ മതിയോ ദോഷം പറയുന്നത് എന്താണ് അനുപ്യവസായത്തിൽ വരണമെങ്കിൽ ജ്ഞാന വ്യവഹാര ഹേതു ജ്ഞാനമായി എന്ത് അതിൻ്റെ വ്യവഹാരം എന്തായിക്കോളോട്ടെ അതിൻ്റെ ഹേതു എന്താവും അനു വ്യവസായം അപ്പം ഇവിടെ ഹിന്ദിയിലും അർത്ഥം എഴുതിയിരിക്കുന്നത് എന്ത് വ്യവസായ ശരിയാണ് എഴുതിയിരിക്കുന്നത് ശരിയെന്നേ ശരിയല്ലെന്നാ നേരത്തെ പറഞ്ഞത് ഏഹ് ഹിന്ദി ശരി അർത്ഥം ശരിയാണോന്നാണ് അപ്പൊ ജ്ഞാനത്തിന്റെ വ്യവഹാരമായിട്ട് എന്തിനെടുക്കും അത് ജ്ഞാനം തന്നെ ജ്ഞാനത്തിൻ്റെ വ്യവഹാരം ജ്ഞാനമാകും ഏത് ജ്ഞാനം ശരി ജ്ഞാനത്തിൻ്റെ എടുത്തു ഏത് ജ്ഞാനത്തിനെടുത്തു ജ്ഞാന വ്യവഹാരം വ്യവസായ ജ്ഞാനമാണെങ്കിൽ അതിന്റെ വ്യവഹാരം എന്താണ് അനുവ്യവസായം പിന്നെ മൂന്നാമതൊരു ഖേതു ഏത് വരൂ വരൂ ശ്നം മനസ്സിലാവണം എന്നാലേ സമാനം മനസ്സിലാവണം അണു വ്യവസായത്തിലാണോ സമന്വയിപ്പിക്കണോ ദോഷം എവിടെ പറഞ്ഞിരിക്കുന്നത് ശരി പിന്നെ വേറെ എവിടെ സമന്വയിപ്പിക്കും ജ്ഞാന വ്യവഹാരം ഏതും പറഞ്ഞാൽ അനുവ്യവസായത്തിലല്ലാതെ വേറെ എവിടെ സമന്വയിപ്പിക്കും സ്വവ്യവഹാരേതുടത്ത് സ്വസ്യ വ്യവഹാരസ്യ ഹേതു ഹിന്ദി എഴുതിയിരിക്കുന്നു അപ്പൊ അത് ശരിയാണല്ലോ അപ്പൊ ജ്ഞാന വ്യവഹാരം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് കഴിയത്തില്ല പക്ഷേ സ്വവ്യവഹാരേതു പറയുന്നിടത്ത് സമാസം എങ്ങനെയാണല്ലോ സസ്യ വ്യവഹാരം സസ്യേതു അതെങ്ങനെയാ അനു വ്യവസായത്തിന് ഏതു വ്യവസായമല്ലോ ഇവിടെ പറയുന്നത് എന്താണോ വ്യവസായത്തിന് ഏതു അനു വ്യവസായം ഒന്നാണ് ഘടത്തിന്റെ കാരണം കപാലം എന്ന് പറഞ്ഞാൽ കപാലത്തിന്റെ കാരണം ഘടമോ കാര്യകാരണം നേരത്തെ നിശ്ചയിച്ച് വെച്ചിരിക്കുകയല്ലേ ഏതത്വ ഏതിൽ വരണം ആ ഇനി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കണം സ്വം വ്യവഹാരം വ്യവസായം സസ്യവ്യവഹാര അനുവ്യവസായം സസ്യ ഹേതു അങ്ങനെ ഒരു ഹേതുണ്ട അങ്ങനെ ഒരു ഹേതു പറയുന്നില്ലല്ലോ ഇനി അങ്ങനെ പോയാൽ അനുവസായത്തെ സമന്വയിക്കൂ സമാസം കൂടെ മാറ്റാൻ പറ്റുമോ പിന്നെങ്ങനെ ശരിയാകും എന്ത് ശരിയായി ശരിയായില്ലെന്നാണ് ഇപ്പൊ സസ്യവ്യവഹാരം എന്ന് പറയുന്നിടത്ത് ഷഷ്ടി സമാസം എടുക്കുമ്പോ ഈ ഹിന്ദി എഴുതിയിരിക്കുന്ന അർത്ഥമേ പറയാൻ പറ്റൂ പിന്നെങ്ങനെ ശരിയാക്കൂ അങ്ങനെയല്ലേ എടുക്കുന്നത് സ്വവ്യവഹാരം ഏതു പറഞ്ഞാൽ ദീപത്തിൽ വരണമെങ്കിൽ സസ്യവ്യവഹാരം ഏതു അല്ലേ പറ്റുമോ മനസിലാവുന്നില്ലേ ആ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നാ പറയുന്നു ഏവഹാരൂപേ വ്യവഹാരം എന്ന് പറയുന്നത് വ്യവസായ ഞാനല്ലേ ഞാനിതിന് സമാനം പറയണമെങ്കിൽ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവണം ആദ്യം ചോദ്യം മനസ്സിലാവും ഉത്തമം പറഞ്ഞിട്ട് കാര്യമുണ്ട് സ്വവ്യവഹാരേതു എന്ന് പറയുന്ന ഷഷ്ടി സമാസം സസ്യ വ്യവഹാര ദീപത്തിന്റെ വ്യവഹാരം ദീപജ്ഞാനം അതിന്റെ ഹേതു ദീപം അതനുസരിച്ചാണ് കൂടെ അർത്ഥം വ്യവസായ രൂപജ്ഞാനം ദീപമായിട്ട് എടുക്കുക അതിൻ്റെ വ്യവഹാരം ദീപജ്ഞാനം അതിൻ്റെ ഹേതു ദീപം ഇവിടെ ജ്ഞാനം ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ അപ്പം ദീപം എന്നുള്ളതിനെ മാറ്റി ജ്ഞാനം ഒന്നാക്കിയാലും സമാസം മാറ്റാൻ പറ്റുമോ പറ്റുമോ ഇനി നമ്മൾ പറയുന്ന അർത്ഥമാണ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടി വരും ജ്ഞാന വ്യവഹാര ഹേതുത്വം ജ്ഞാനരൂപ വ്യവഹാരം ച്ചാ ഷഷ്ടിയല്ല എന്ത് സമാസം കർമ്മധാരൻ ജ്ഞാനരൂപ വ്യവഹാരം എന്തായി വ്യവസായം തസ് ഹേതു അനു വ്യവസായം ഒക്കെ ശരിയാവും അവിടെ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യേണ്ടി മാറ്റണം ഷഷ്ടി സ്വവ്യവഹാരം എന്ന് പറയുമ്പോൾ ഷഷ്ടി സമാസവും ജ്ഞാനവ്യവഹാരം എന്ന് പറയുമ്പോൾ കർമ്മധാരയിലും മാറ്റേണ്ടി വരും മാറ്റാമോ സ്വവ്യവഹാരം എന്ന് പറയുന്നിടത്ത് എന്ത് സമാസം ഒന്നുള്ളതാണ് ഏ അതല്ലേ കർമ്മധാരേനെന്ന് പറഞ്ഞത് സ്വയം വ്യവഹാരം സ്വവ്യവഹാരം കർമ്മധാരേൻ അപ്പൊ സ്വവ്യവഹാരമായി എന്തായി ജ്ഞാനരൂപ വ്യവഹാരം വ്യവസായം അങ്ങനെ അല്ലോ അങ്ങനെയാണെങ്കിൽ ദീപത്തിന് സമന്വയിക്കുമോ വേറെ സമാസം കിടക്കുന്നത് ശരിയാകും ദോഷം കണ്ടുപിടിക്കാൻ പറ്റില്ല ഏഹ് രണ്ട് തരത്തിൽ ഒരേ അർത്ഥം എടുത്താൽ ദോഷമുണ്ടോന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തു ഇതുവരെ പഠിച്ചെല്ലാം പോയി ജ്ഞാനം എന്നുള്ളത് ചേർക്കുമ്പം അവിടെ കർമ്മധാര സമാസം കൊടുക്കുന്നു എന്തുകൊണ്ട് അല്ല ഇവിടെ അതാണ് ആദ്യം ഞാൻ ടീക വായിച്ച അർത്ഥം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയുന്നത് പ്രദീപജ്ഞാനമിതമിതി അനുപ്യവസായ അഭിജ്ഞാനൂപ വ്യവഹാരസ്യ ഇവിടെ എന്ത് സമാസമാണ് പ്രദീപജ്ഞാനം ഇതമിത് അനുവ്യവസായസ്യ കർമ്മധാരി അപ്പം ഇവിടെ ദോഷിക്ക ദോഷം കാണിക്കാൻ വേണ്ടി എന്താ എടുത്തിരിക്കുന്നത് കർമ്മധാര സമാസം വ്യവഹാരസ്യ സ്വ വിഷയ ജ്ഞാനവിശേഷണീഭൂത പ്രദീപജന്യത്വം അതുകൊണ്ട് എന്ത് ചെയ്തു ജ്ഞാനവ്യവഹാരഹേതു പ്രദീപെ അതിവ്യാപ്തി ജ്ഞാന വ്യവഹാര ഹേതുവാണ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ജ്ഞാനരൂപ വ്യവഹാരസ്യ അപ്പ ഇവിടുത്തെ ജ്ഞാനരൂപ വ്യവഹാരം ഏതാണ് ആണോ പ്രദീപജ്ഞാനം ഇതം ഇത് അനുവ്യവസായ ഇത് അനുവ്യവസായമാണ് ഇതെന്താണ് അഭിജ്ഞാനൂപ വ്യവഹാരം എന്നിട്ട് ഇതാണ് ജ്ഞാനവ്യവഹാരം അപ്പം ഇവിടുത്തെ ജ്ഞാനരൂപ വ്യവഹാരമായിട്ടെടുത്ത ഏതിനെ അതിൻ്റെ ഹേതു എന്താണ് പ്രദീപം അപ്പം ജ്ഞാനരൂപ വ്യവഹാര സഹേതുവായി പ്രദീപ് അപ്പോ സ്വ എന്നുള്ള സസ്യാന്ന് സൃഷ്ടിയെടുക്കുകയും അതേസമയം ജ്ഞാനം വന്നപ്പോൾ ഇവിടെ എന്തെടുത്തു ജ്ഞാനരൂപ വ്യവഹാരം എന്നിടത്ത് മനസ്സിലായോ അപ്പ ഇവിടെ വ്യവസായ രൂപം ഞാനൊക്കെ ഞാനൊരു വ്യവസായിക്കിട്ടാ ശരിയായില്ലേ വ്യവസായ രൂപം ഞാനൊക്കെ എന്നുള്ളതിനു വരും ഞാനൊരു രൂപ വ്യവസായിക്കെന്നിട്ടാ ശരിയാകും ഹിന്ദിയോ ഹിന്ദി ശരിയാക്കുന്ന എന്റെ ജോലിയല്ല സംസ്കൃത ഹിന്ദി എങ്ങനെ ശരിയാക്കാന്ന് പറഞ്ഞത് നോക്കട്ടെ വ്യവഹാരിച്ചാന്നുള്ളത് അവിടെ രൂപായിക്കെ വ്യവഹാരം ശരി അത് ശരിയാ അത് അവിടെ ആദ്യം കഴിയിട്ട് പഠിച്ചു വരുന്ന ഹിന്ദിരൂപ വ്യവസായം അല്ലേ അതിന്റെ വ്യവഹാരത്തിന്റെ ഹേതമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും അതെന്ത് ഹിന്ദിയാ വീണ്ടും പോയില്ലേ മാഷിന്റെ ഹിന്ദി ശരിയാവുന്നില്ല എന്റെ ഇന്ത്യുമായിട്ട് അല്ല ജ്ഞാനരൂപ വ്യവസായം ശരി അതിൻ്റെ വ്യവഹാരം സെക്കൻഡ് തസ്ഹേതു മൂന്നു വന്നില്ലേ ഇന്ത്യ ശരി അർത്ഥം മനസ്സിലാക്കാത്തുണ്ട് മൂന്നു വന്നോ അവിടെ അതിന് നോക്കിയാ ജ്ഞാനരൂപ വ്യവസായം അതിന്റെ വ്യവഹാരം അതിൻ്റെ ഹേതെന്ന് പറയുമ്പോൾ മൂന്നായോ ഇവിടെ രണ്ടേ വരാൻ പാടുള്ളൂ അങ്ങനെ ആക്കിയാലും ശരിയാകില്ലരൂപായിരം ആ കെ അങ്ങ് വിട്ടണം കെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ വ്യവസായരൂപ ജ്ഞാനവ്യവഹാരം അക്കേ മാത്രം മാറ്റിയാൽ മതി തസ്യ ഹേതു അപ്പം കറക്റ്റ് വ്യവസായ രൂപ ജ്ഞാനം വ്യവഹാരം ജ്ഞാന വ്യവഹാരമാണ് വ്യവസായം അതിൻ്റെ ഹേതു അനുഭവസായം ഇപ്പം മേളിൽ എഴുതിയിരിക്കും നോക്കുക പ്രദീപജ്ഞാനം ഇതം ഇത് അനുഭവസായ ഇതാണ് ജ്ഞാനം വ്യവഹാരം ഇത് തീരുട്ടെ പ്രദീപജ്ഞാനം മിതമിത്തി അനുവ്യവസായ അവിടെ പ്രത്യേകം പറയുന്നു ഇവിടുത്തെ വ്യവഹാരം ശബ്ദപ്രയോഗമല്ല പിന്നെയോ അഭിജ്ഞാരൂപ വ്യവഹാരമാണോ ഈ അഭിജ്ഞാരൂപ വ്യവഹാരം എന്താണ് നേരത്തെ വ്യവസായമായിരുന്നു പക്ഷെ ഇവിടെ സ്ഥലം വേറെ അതുകൊണ്ടിവിടെ അനുവ്യവസായത്തിൽ തുടങ്ങി എന്നിട്ടിൻ്റെ ഹേതുത്വത്തെ ഇവിടെയാ കൊണ്ടുപോകുന്നത് പ്രദീപത്തിൽ കൊണ്ടുപോയി ആദ്യം ചെയ്തതുപോലെ ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു പ്രദീപ വ്യവഹാരമായി പ്രദീപത്തിൻ്റെ വ്യവസായം ഞാ അതിൻ്റെ ഹേതു പ്രദീപത്തിൽ പോയി പക്ഷെ ഇവിടെ എന്ത് ചെയ്തു അനുവ്യവസായ രൂപ വ്യവഹാരത്തെ എടുത്തു ജ്ഞാന വ്യവഹാരം അതിൻ്റെ ഹേതു തിരിച്ചവിടെ കൊണ്ടുപോയി പ്രദീപത്തിൽ കൊണ്ടുപോയി കാരണം എന്തുകൊണ്ട് അങ്ങനെ പോയി കാരണം അനുവ്യവസായത്തിനപ്പുറം ഒരു ജ്ഞാനമില്ല അതിൽ പോകാൻ പിന്നെ പിറകിലോട്ട് പോകേണ്ടി അപ്പോൾ അനുവസായ രൂപ ജ്ഞാനമാണ് പ്രദീപജ്ഞാനമിതം വ്യവഹാരമാണ് അതിൻ്റെ പ്രദീപോയി ഇവിടെ ടീകാകാരൻ എന്തു ചെയ്തു പ്രദീപത്തിൽ ദോഷം കാണിക്കാൻ വേണ്ടിയിട്ട് സ്വ വ്യവഹാരമെന്ന് പറഞ്ഞാൽ സ്വരൂപ വ്യവഹാരവും നടത്തും തോന്നിച്ച വ്യവഹാരവും നടത്തി അതനുസരിച്ച് പോയാൽ ഇവിടെ ശരിയാക്കും അതുകൊണ്ടത് ഒരു മിസ്റ്റേക്കാണ് ഇപ്പൊ ക്ലിയറായോ എന്താ ചോദിക്കാമൊന്നും അപ്പൊ കെ എന്ന് എഴുതിയത് അറിവില്ലായോണ്ടല്ലാണ്ട് അത്തിരി തെറ്റൊന്നല്ല ഏഹ് അറിവില്ലായ്മ അവിടെ അങ്ങനെ അറിവില്ലാത്ത തെറ്റായിട്ട് തന്നെ എഴുതിയാണ് കെ എന്നുള്ളത് മിസ്റ്റേക്ക് ഒന്നല്ല അങ്ങനെ അല്ലല്ലെന്ന് പറയുന്നത് അറിയാത്തോണ്ടെന്ന് പറയാൻ പറ്റില്ല അതുമല്ല അബദ്ധം എല്ലാവർക്കും പറ്റും അബദ്ധം എല്ലാവർക്കും പറ്റും ഞാൻ പറയുന്നതിനോ അബദ്ധം വരും കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ക്ലാസ്സിൽ മിടുക്കന്മാരായ വിദ്യാർത്ഥികളില്ലെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് അബദ്ധം പറ്റും അത് ഒരു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യം കാരണം ഇത് കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല പിന്നെയോ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് മന്ത്രോപദേശം അല്ല ഇത് കേട്ടതുപോലെ തന്നെ ഉച്ചരിക്കാൻ ഇത് കേൾക്കുന്നയാൾ ചിന്തിച്ച് സ്വാംശീകരിച്ച് പോകേണ്ട കാര്യമാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും അതിനെ തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്തു പോകണം പറയുന്ന ആളിനെ മിസ്റ്റേക്ക് വരാം പറയുന്ന ആളിനെ സംബന്ധിച്ചോളം പറയുകയും വേണം ചിന്തിക്കുകയും വേണം കേൾക്കുന്ന ആളിങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി കേട്ടോ ജോലി അറിയുമില്ലേ കേൾക്കുന്ന അത് ഗ്രഹിച്ചാൽ മതി ശരിക്ക് എന്തെങ്കിലും വിശമുണ്ടെങ്കിൽ അപ്പത്തടയും ഇപ്പം ഇത് വായിച്ചപ്പോൾ മനസ്സിലായിന്നെ ഇതിന് തെറ്റുണ്ടെന്നൊരാൾ മനസ്സിലാക്കിയില്ലേ ആ അപ്പോൾ അതുകൊണ്ടല്ലേ ഇത്രയും വിശദീകരിക്കാൻ പറ്റിയത് ഒരാളത് ശ്രദ്ധിച്ച് വായിച്ചപ്പോഴല്ലേ അപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും പെസ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരൊരു അവാർഡ് കൊടുക്കും ആൾക്കാർക്ക് ഗൂഗിൾ കൊടുക്കും വാട്സാപ്പിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയിച്ചാൽ മതി അവർ വലിയൊരു തുകയൊക്കെ കൊടുക്കും അതുപോലെ ഇവിടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നവർക്ക് ഒരു അവാർഡ് നമ്മളും കൊടുക്കണം അത് ഭാഷാജ്ഞാനം കൊണ്ട് മാത്രം പറ്റില്ല വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ഗ്രഹിച്ചിരിക്കുന്നു ഇനി എന്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇതിന് ഉപലക്ഷണത്വം എന്ന് പറയുന്നത് നമ്മൾ എവിടെയും ചർച്ച ചെയ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല അപ്പോ അതും അടുത്ത മിസ്റ്റേക്ക് മറ്റേ ഹിന്ദി എടുത്ത് നോക്കണം വേറെ ഹിന്ദി ഉണ്ടല്ലോ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റൊന്നും ഉള്ളതല്ല എഴുതുമ്പോൾ ശ്രദ്ധ അങ്ങനെ വരുന്നതാണ് കാരണം ഇവരെല്ലാം അറിയാൻ വയ്യാത്തവരല്ല വലിയ പണ്ഡിതന്മാരാണ് പക്ഷെ ചെലപ്പോ ചിലപ്പോ തന്നെ നമുക്ക് നാക്ക് തീരുകയാണ് ഇവര് പറയാമെന്ന് ഉദ്ദേശിക്കും പറയുന്നത് വേറെന്നായിരിക്കും അങ്ങനെ വരും അതെനിക്ക് ചിലപ്പോ സംഭവിക്കാറുണ്ട് ചിന്തയ്ക്കൊപ്പം വാക്കത്തത്തില്ല ഈ രാജരാജവർമ്മയുടെ ഈ പാണിനീയ അതില് അത്യർജിതം വസ്തു ചലം അതപ്രമാദ സുലഭപ്രണേതവും ശ്ലോകം ഉണ്ടല്ലോ അതെവിടുന്നതായിരുന്നു അത്യൂർജിതം വസ്തുമാണേതും ആയിരിക്കണം അറിയില്ല അപ്പോ അങ്ങനെ ഒരു അബദ്ധം പറ്റുക ആർക്കും പറ്റാം നിങ്ങൾക്കും എനിക്കും പറ്റാം അങ്ങനെ സംഭവിക്കുന്നതാണ് അല്ലാതെ അവർക്ക് അറിവില്ലാത്തോണ്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ എൻ്റെ അർത്ഥം ഈ വിഷയം നമുക്ക് ശരിക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണത്വം ഒരു അത് ഒരു ഒരു സ്ഥലത്തല്ല രണ്ട് കണക്ക് തവണ ആവർത്തിച്ചിട്ടുണ്ട് ഉപലക്ഷണത്വം എന്ന് പറയുന്ന ഒരു ചർച്ചയെ ഇവിടെ ഇവിടെ വരുന്നത് എന്താണ് കാരണം ഉപലക്ഷണത്വം ഇവിടെയിരിക്കും കാക്കയിലിരിക്കുന്ന കാര്യമാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല ഇവിടെ എപ്പോഴും വരുന്നത് എന്താണ് വീട്ടിലിരിക്കുന്ന കാര്യമാണ് എന്ത് ഉപലക്ഷിതത്വം അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് അതും എന്താണ് സംസ്കൃത വ്യാഖ്യാനത്തിൽ നോക്കണം മൂലത്തിലും അങ്ങനെ ഉപലക്ഷിതത്വ സ്യവിശേഷണത്വേ എന്നാണ് അവിടെ തിരിക്കുന്നു ലാസ്റ്റ് കയ്യിൽ മൂലത്തില് സംസ്കൃതത്തിൽ താഴ്ന്ന രണ്ടാമത്തുള്ളിൽ ഉപലക്ഷിതത്വം അഭ്യുപലക്ഷിതേ നാമത്തസ്യധർമ്മം ഇവിടെ ഓരിടത്തും തന്നെ എന്താണ് ഉപലക്ഷണത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇത് വരുന്ന മിസ്റ്റേക്കുകൾ ഇനി അവ്യക്തതകളുണ്ട് വ്യാഖ്യാനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ കൺഫ്യൂഷനാക്കുന്നത് മിസ്റ്റേക്കല്ല അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് ഉപലക്ഷണത്വ ധർമ്മിക്ക വിഷയം എമ്മി വഹി ജിജ്ഞാസോ ഹോഗി ഹി വഹ വിശേഷണ അവലക്ഷണം തെറ്റാണ് ഈ ജിജ്ഞാസ എന്തിനെ സംബന്ധിച്ചാണ് വരുന്നത് ഉപലക്ഷിതത്വത്തെ സംബന്ധിച്ചാണ് അപ്പം ഈ സെന്റൻസ് മൊത്തം പോയി പിന്നെ ഉപലക്ഷണത്വക്ക വിശേഷണമാനേക്കാർ പോയി അവിടെ എന്താ വേണ്ടത് ഉപലക്ഷിതത്വ ിസ്റ്റേക്ക് രണ്ടടത്തങ്ങനെ വരും ഈ വരണം പിന്നെ അടുത്ത് ശരി എഴുതുന്നുണ്ട് ഉപലക്ഷിതത്വക്ക ഉപലക്ഷുന്നത് ഉപലക്ഷിതക്കാ വിശേഷിനെ ഉപലക്ഷണം അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് അടുത്തൊരു സെന്റൻസിലാണ് അവിടെ ശരിയാണ് മനസ്സിലായോ അപ്പോ അങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിച്ചാൽ നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തത വരും ഇനി അവ്യക്തതയുള്ള ഒരു ഭാവമുണ്ട് പ്രദീപ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്റെ വിവർത്തനം ശരിയാണെന്നാ എനിക്ക് തോന്നുന്നു അല്ലേ പ്രദീപ ഞാനം ഇതം അതിനെങ്ങനെയല്ലേ വിവർത്തനം ചെയ്യാൻ പറ്റൂ മാഷം എന്ന് പറയുന്നു പ്രദീപ് ശരിയാണ് പ്രദീപിക്കാ ഞാനേ പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇതനൂസായണം എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല പ്രദീപജ്ഞാനംഇതം എന്ന് പറയുന്നത് അനുഭവസായമാണെന്നുള്ള ബോധം ഒരാൾക്കുണ്ടാകത്തില്ല പ്രദീപജ്ഞാനം എന്ന് പറയുന്നത് വ്യവസായവും പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്നത് അനുഭവ സമയമാണെന്നുള്ള ഇത് വായിച്ച ആർക്കും മനസ്സിലാകും അവർ മാത്രമായിട്ട് എടുത്തിട്ടില്ല അത് വ്യവസായം ഏഹ് അവിടെ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ടല്ലോ അതെ ആ സെന്റൻസ് മുഴുവൻ വായിച്ച് യഹ് പ്രദീപ് ഖാൻഹേ ഇപ്രകാരത്തെ വ്യവഹാരം അപ്പൊ അത് അനു വ്യവസായു അതൊരു വ്യവഹാരത്തിനെ പറയല്ലേ യഹു വ്യവഹാരം എന്ന് പറയുന്നത് വ്യവസായം അനു വ്യവസായം വ്യവഹാരമാണ് പക്ഷെ യഹ് എന്നൊരു വ്യവഹാരം ഉണ്ടെങ്കിൽ അനു വ്യവസായത്തിൽ മാത്രമല്ല പിന്നെ വ്യവസായം എന്താ എന്തെഴുതിയിരിക്കുന്നു വ്യവസായത്തെ കുറിച്ച് ഇതിന്റെ വ്യവസായം എന്തുണ്ട് അതിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രദീപകം കൂടെ ചേർത്തെങ്ങനെ എഴുതും ഹിന്ദിയില് അവ്യക്തതയെന്നേ പറഞ്ഞോളൂ തെറ്റെന്ന് ഞാനും പറഞ്ഞില്ല അതുകൂടെ ചേർത്ത് എങ്ങനെ എഴുതും പ്രദീപജ്ഞാന വ്യവഹാർ എന്നേതാണ് സമാസത്തി പറയാൻ പാടില്ല എങ്ങനെയാ അല്ല അത് എങ്ങനെയാ പറയുന്നത് അങ്ങനെ വേണം അങ്ങനെ വരണം അതിൽ ശരിയായ ഹിന്ദി ആശയം വ്യക്തമാകുന്നു ഇത് ഒരാൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു വ്യവസായ ജ്ഞാനവും ഒരനു വ്യവസായ രണ്ടും മനസ്സിലാക്കിയാലേ ഈ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകത്തു ഏഹ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല വായിക്കുന്ന ഒരാളിനൊരിക്കലും ഇവിടെ ഒരു വ്യവഹാരജ്ഞാനം ഒരു വ്യവസായജ്ഞാനുണ്ടെന്നും അനു വ്യവസായ ജ്ഞാനം ഉണ്ടെന്നും പിടിയിട്ടത്തില്ല അത് മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃത വ്യാഖ്യാനം വായിക്കണം അതില് വ്യക്തമാണ് എന്താണ് പ്രദീപജ്ഞാനം ഈദം ഇതി അനുഭവസായ പ്രദീപജ്ഞാനം ഈദം എന്ന് പറയുന്ന അനുവ്യവസായമാണ് അത് ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതണം എന്താ എന്തോ പ്രദീപികഹേ അനുഭവസായി ഇസ്പ്രകാർക്ക് അനുവ്യവസായി എന്നെഴുതി കഴിഞ്ഞാൽ വ്യക്തത വരും ഇത് വായിക്കുന്ന ഒരാൾക്കും കാര്യം മനസ്സിലാക്കും ഇവിടെ എന്താണ് വ്യവസായം എന്താണ് അനു വ്യവസായം ഈ അനുവ്യവസായം കൊണ്ട് എങ്ങനെയാണ് പ്രദീപത്തിൽ വരുന്നതെന്നും മനസ്സിലാകും ഇതിപ്പോ ഏതുപോലെ മനസ്സിലാക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വ വ്യവഹാരേതത്വം പ്രദീപത്തിൽ എങ്ങനെ വന്നോ അതുപോലെ മനസ്സിലാക്കും സ്വസ്യ എന്ന് വെച്ചാൽ പ്രദീപസ്യജ്ഞാനം വ്യവസായ ജ്ഞാനം അതിൻ്റെ ഹേതു പ്രദീപ് അവിടെ എങ്ങനെയാണോ വന്നത് അതുപോലെ ഇത് വായിച്ച ഒരാൾക്ക് ധരിക്കാൻ പറ്റും എന്നുവെച്ചാൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് പ്രദീപാദിമി അതിവ്യാപ്തി ഹേ പ്രദീപാദിമിമ്പി അപ്പനെ വ്യവഹാരിക്ക് ഹേതുത എന്ന് പറഞ്ഞേ അവിടെയും വ്യവഹാരം പറയുന്നില്ല പ്രദീപത്തിൽ അപ്പനെ വ്യവഹാരിക്കുകയാണ് വ്യവഹാരം എന്തോന്നു അതല്ലേ മുഖ്യം ജ്ഞാനത്തിൻ്റെ ഹേതത്വമാണെന്ന് പറയുന്നില്ല അപ്പോൾ ആൾക്കാർ എന്തു ചെയ്യും വ്യവഹാരം എന്നുള്ളതുകൊണ്ട് ജ്ഞാനത്തെ എടുക്കുക ശബ്ദപ്രയോഗത്തെ എടുക്കും പ്രവൃത്തിയെടുക്കും അപ്പോൾ അവിടെയൊക്കെ വ്യക്തത വരത്തില്ല തന്നെ തുടങ്ങിയാൽ ഈ ഭാഗമെല്ലാം വ്യക്തമാകത്തുള്ളൂ അപ്പൊ അടുത്ത ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് ക്ലാസ് കൂടെ കേട്ടിട്ട് വരണം ഇതിന്റെ മാത്രം മതി രണ്ടാമത്തെ ക്ലാസ് ആണ് ഏ എങ്ങനെ അത് എന്താണെന്ന് വ്യക്തമായി പറയണം ഞാൻ ഇവിടെ പറയുന്നതിൽ നിന്ന് കാരണം ഞാൻ മലയാളത്തിൽ പറയുന്നു ഇവിടെ ഹിന്ദി പറയുന്നു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയാകുമോ എന്നിവിടെ ചിന്തിച്ചു നോക്കണം അപ്പൊ അവിടെ എന്താ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിയത് അതെന്താണെന്ന് അടുത്തവണ പറഞ്ഞാ മതി കേട്ടിട്ട്